തയാഹൃതസ വ്യവസായ ബുദ്ധി സമാധാനമു ഭേശ ഭോഗേശ്വരി പ്രസക്തനാന്നുള്ളത് നാൽപ്പത്തിരണ്ടാമത്തെ പദ്യത്തിൽ അതിനോടനു അത് ഒരുമിച്ചു അത് ഭുവേശ്വരി ലജന്ത്ര ഭക്തമാണ് ഭോഗൈശ വൈദ്യേസംബന്ധിച്ച് ഭോഗമനുഷ്യൻ എന്നുവെച്ചാൽ വൈദിക കർമ്മങ്ങളുടെ ഫലം അർത്ഥമാണ് യാമിമാം ദുഷ്ടിതാം മാവദന്തി വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന വേദവാക്യങ്ങളെ കുറിച്ച് പറയുന്നു വൈദികന്മാരും കർമ്മകാണ്ഡവേഷ്വര്യത്തെ സത്താനാം അവരുടെ ഭോഗൈശ്വര്യങ്ങളിൽ മുന്നിൽ വരാം സ്വർഗീയ ഭോഗങ്ങളിലും ഐശ്വര്യങ്ങളിലും എല്ലാം മുന്നിലേക്ക് തയാവാച അങ്ങനെയുള്ള ശ്രീവാക്യം സർവത്തെക്കുറിച്ചും മറ്റും പറയുന്ന ശ്രീവാക്യങ്ങളുണ്ട് അപ്പോൾ ഭോഗൈശ്വര്യ വിഷയ അപഹൃതജ്ഞാന ഏകോപിച്ച വ്യവസായാത്മക അത്തരം വാക്യങ്ങളുണ്ട് ഭോഗൈശ്വര്യ വിഷയം ഭോഗങ്ങളെക്കുറിച്ചും ഐശ്വര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയണം ആ വാക്കുകളെ കൊണ്ട് ുധ്യാപരി ജാതക മനസ്സിലാവും കർമ്മം ചെയ്യണം ഫലങ്ങൾ നേടണം അവരെ സംബന്ധിച്ചിടത്തോളം യഥോദിത വ്യവസായാത്മീകം എന്ന് പറഞ്ഞതായ നിശ്ചയാത്മകമായ വിധി സമാധാനം മനസ് നവിതീയത്തെ മനസ്സിൽ അത് ഉണ്ടാകുന്നില്ല സംഭവിക്കുന്നില്ല നിശ്ചയാത്മമായ ബുദ്ധി ഉണ്ടാകുന്നില്ല ബുദ്ധി പത്തറിപ്പോകുന്ന ബുദ്ധിയാണ് ഈ സർഗാദി ഫലങ്ങളിൽ ഒരു ബുദ്ധിയാണ് മോക്ഷത്തിലുള്ള ബുദ്ധി ഏകാഗ്രപ്പെടുന്നതാണ് അതാണ് മനസ്സിന്റെ വിധേയതയും ചെന്നതയും മനസ്സിലങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല ഏകാഗ്ര ഉണ്ടാവും അവിടെ മനസ്സിൽ ഏകാഗ്രത ഉണ്ടാകുന്നില്ല മോക്ഷത്തെ സംബന്ധിച്ചു കർമ്മങ്ങളെ സംബന്ധിച്ചു കർമ്മങ്ങൾ പലതാണ് നല്ല ഫലങ്ങൾ പലതാണ് അവിടെ ഒന്നിൽ ഏകാഗ്രപ്പെടാൻ കഴിയില്ല പല കർമ്മങ്ങളും പല ഫലങ്ങളും പൊതുവെ വൈദികന്മാരെ പറയുന്നു സമാധം അതിന്റെ അർത്ഥം പറഞ്ഞ മനസ്സം അതെന്തുകൊണ്ടെന്ന് പറയുന്നു സമാധിയെ അസ്മിനി ആത്മജ്ഞാനം എല്ലാണോ സംഭവിക്കുന്നത് അതാണ് സമാധി സമാധി എന്ന് മനസ്സ് മികവ് എല്ലാ വ്യാഖ്യതാക്കളും ഈ അർത്ഥം തന്നെ പറഞ്ഞിരിക്കുന്നത് സമാധി എന്ന് പറയുന്നതിൽ അർത്ഥം പറയും ഇവിടെ ശങ്കരാചാര്യ സമാധി രണ്ടർത്ഥം പറയും ഇവിടെ മനസ്സെന്ന് പറയും മുന്നോട്ട് വരുമ്പോൾ സമാധിക്ക് ആത്മാവെന്ന അർത്ഥം പറയും പിന്നെ സമാധിക്ക് ഏകാഗ്രത എന്നുള്ള അർത്ഥം മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി ആത്മാവിനെ ഉറപ്പിക്കുന്നതാണ് ഏകാഗ്രപ്പെടുത്തുന്നതാണ് സമാധി സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത സമാധി സവികല്പ നിർവികൽപ്പ സമാധി അതൊന്നും പറയട്ടെ പരമാവധി ഏകാഗ്രത അന്ന് പറയട്ടെ ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്നു അതിന് ജീവിതം ഉണ്ടാകാൽ മാത്ര സമാധി ലോക സമാധി എന്നൊരർത്ഥം കൂടി പറയും അങ്ങനെ വേണമെങ്കിലും പറയാം സമാധി അത് രൂഢമായ അർത്ഥം പ്രസിദ്ധമായ അർത്ഥം അതാണ് പക്ഷെ എന്നിട്ട് പറയും എന്താണ് ശങ്കരാചാര്യൻ മറ്റും എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് സമാധി മനസ്സാണ് എന്ന് പറയും എന്തുകൊണ്ടിവിടെ സമാധി എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ മനസ്സും ഒരർത്ഥമെടുത്തു കാരണം ഇവിടെ വേദത്തെക്കുറിച്ചും വേദത്തിലെ കർമ്മകണ്ഡത്തെക്കുറിച്ചും പറയുന്നത് അവിടെ സമാധിക്ക് അതിന് പ്രസക്തിയുണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന യോഗത്തിന് ആണ് സമാധിയെക്കുറിച്ച് പറയുന്നത് നിവാ നിവാഹ ദീപവചിത്തം സമാധുര വിധ മനസ്സങ്ങനെ ഏകാഗ്രമായിരിക്കുന്ന ആ ഒരു സന്ദർഭം ധ്യാനയോഗത്തെ കുറിച്ച് പറയുമ്പോൾ സമാധി എന്ന് പറഞ്ഞു അത് ഏകാഗ്രതയാണെന്ന് പറയാം അവിടെ സവികൽപ്പം നിർവികൽപ്പം സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്ന് പറയുന്ന രീതിയിലൊന്നും പക്ഷെ മനസ്സിന്റെ അങ്ങനെ പറയുന്നു അല്ലെങ്കിൽ മനസ്സിന്റെ നിശ്ചലാവസ്ഥ യോഗശാസ്ത്രത്തിലെ സമാധി ശബ്ദത്തിനൊരു രൂഢമായ അർത്ഥമാണ് എന്ന് വെച്ചാൽ പുരാതനകാലം പോലെ പറഞ്ഞു വരുന്നവരും ആ അർത്ഥം കർമ്മവുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല കർമ്മത്തിൽ അതിൻ്റെ അങ്ങനെ ഒരു യാതൊരു പ്രസക്തിയില്ല കർമ്മം ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു സമാധി സാധ്യവുമല്ല അതുകൊണ്ടാണ് ഇവിടെ സമാധി ശബ്ദം എല്ലാവരും സമാധിക്കും മനസ്സെന്നൊരർത്ഥം പറഞ്ഞിട്ട് ഇവിടെ ആത്മാവെന്നൊരർത്ഥം പറഞ്ഞിട്ടും വിശേഷിച്ച് പ്രയോജനമാകും അതുകൊണ്ട് എല്ലാ ആചാര്യന്മാർക്കും കൂടെ ഒരേ അഭിപ്രായമാണ് ആ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനമായ അർത്ഥം തന്നെ എടുക്കണം അങ്ങനെ നിർബന്ധമില്ല പറയുന്നു സമാധി ശബ്ദിവിശേഷപക്ഷായ അത്ര അനന്മ സമാധി ശബ്ദത്തിന് സാറിന് സമ്പ്രജ്ഞാത സമാധിക എനിക്ക് അത് ബുദ്ധിവിശേഷമാണ് വിശേഷജ്ഞാനമാണ് അത് പറഞ്ഞിട്ട് എടുത്തുകഴിഞ്ഞാൽ അനന്മ ഇവിടെ അത് അന്വേഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മനോഷദ് വിത്പത്തിയും ആകാം അതുകൊണ്ട് മനം എന്നുള്ള അർത്ഥത്തെ ആ ശബ്ദത്തിൻ്റെ വിത്പത്തി പറയുന്നു സമാധീയത അസ്മിൻ ആത്മജ്ഞാനം എന്നതിൻ്റെ വിത്പത്തിന്റെ ശബ്ദാർത്ഥത്തെ പറയും േഷാം പക്ഷത്തിൽ പ്രേമി മനസ്സിൽ ആത്മയാഥാർത്ഥ്യ നിശ്ചയപൂർവക മോക്ഷ സാധനഭൂത കർമ്മവിഷയ ബുദ്ധി കഥാചിത വിനോത്പദ്യതയി അങ്ങനെയുള്ള മനസ്സ് കർമ്മങ്ങളെ ഉപയോഗിക്കുന്ന മനസ്സിൽ ആത്മവനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ആ ജ്ഞാനത്തോടുകൂടിയ കർമ്മയോഗം ആ കർമ്മയോഗം എന്ന് പറയുന്ന ഒരാശയം ഉണ്ടെന്ന് വിധത്തിൽ കർമ്മയോഗം വരണമെങ്കിൽ എന്ന് വേണം സംഗം തത്വ ഫലാനി ചെയ്യും നല്ല കർമ്മയോഗമാണ് കാര്യമിത്യോ യർമ്മ വേദം ക്രിയ സംഗം തത്വ ഫലം ചെയ്യും അപ്പോൾ പ്രത്യേക വിദ്യയോടുകൂടി ചെയ്യണം കർമ്മത്തോടുള്ള സംഘം ഉപേക്ഷിക്കണം ഫലം ഉപേക്ഷിക്കണം അങ്ങനെ ഒരു ബുദ്ധി അവർക്ക് വരത്തില്ല കാരണം അവർ ഫലത്തിന് വേണ്ടിയായിരിക്കുന്നത് സ്വർഗം പുത്രൻ പശു അതിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു അപ്പൊ അവിടെ കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കാൻ പറ്റില്ല കർമ്മയോഗമായി അനുഷ്ഠിക്കണമെങ്കിൽ ആദ്യം അവർക്ക് ആത്മജ്ഞാനമില്ല രാമാനുജാരുടെ പക്ഷത്തിൽ അതാണ് ആത്മ യാഥാത്മ്യാദ്യ ഒരു മോക്ഷ സാധനം കൊണ്ട് ഭൂതകർമ്മം മോക്ഷത്തിന് സാധനമായി കർമ്മം എന്ന് വെച്ചാൽ കർമ്മയോഗമായി അന്വേഷിക്കുന്ന കർമ്മം തദ്വിഷയ അങ്ങനെയുള്ള കർമ്മത്തെ സംബന്ധിച്ചുള്ള ബുദ്ധി കഥാചിതന അത്യന്ത വൈദികന്മാർക്ക് അങ്ങനെയൊരു ബുദ്ധി ഉണ്ടാവാ കർമ്മങ്ങൾ ചെയ്യുന്നു അത്യേഷു കർമ്മസ് അല്ല സങ്കത്ത് അതുകൊണ്ട് കാമ്യകർമ്മങ്ങളിൽ മങ്ങൂക്ഷതിൽ സംഘം പാടും എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാതം പറയും നസംഗത കർത്തവ്യം മങ്ങൂക്ഷണ നസംഗ കർത്തവ്യ നിസ്സങ്കേണ കാമ്യാനി കരണം അനുമന്യതേ നിസ്സംഗമായി കാമ്യകർമ്മങ്ങളും ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട് ഇതാണ് ശങ്കരാചാര്യനിൽ നിന്നുള്ള വ്യത്യാസം ശങ്കരാചാര്യം കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കും ഇവിടെ പറയുന്ന അങ്ങനെയല്ല കാമ്യകർമ്മങ്ങൾ ചെയ്യാം എങ്ങനെ നിസ്സംഗ എന്തുകൊണ്ട് സ്വരൂപം മാത്രം സ്ത്രീ മോക്ഷവിരോധിത്വം ഭവ കർമ്മസ്വരൂപം കേവലം കർമ്മം എന്ന് പറയാതെ മോക്ഷത്തിന് വിരോധം അല്ല ഇതാണ് രാമാനുചാര്യം എടുത്തു പറയുന്നത് സമ്പ്രദായത്തിൽ യോഗിക്കാത്ത കർമ്മം വിരോധിയാണ് പറയുന്നത് കർമ്മം വിരോധി എന്ന് പറയുന്നു കർമ്മം മോക്ഷത്തിന് വിരോധിയല്ല മോക്ഷിച്ച അസ്തി ചെയ്യും ഒരാൾക്ക് മോക്ഷ ഉണ്ടെങ്കിൽ കർമ്മവും ചെയ്യും ബന്ധകയിൽ എന്ന കാര്യമാണ് പക്ഷേ ബന്ധക ഇച്ഛ ബന്ധിപ്പിക്കുന്നതായ ഇച്ഛ അത് പാടില്ല കർമ്മത്തോടുള്ള ആസക്തി കർമ്മഫലത്തോടുള്ള ആഗ്രഹം ഇതൊന്നും പാടില്ല അതൊന്നും കൂടാതെ കർമ്മം ചെയ്യും അപ്പോ കർമ്മങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരുടെയും കാഴ്ചപ്പാടിലും വ്യത്യാസം അതിൽ എന്ന് പറയുമ്പോ രാമാനുചാര്യരുടെ വ്യാഖ്യാനമാണ് ഭഗവാന്റെ ഉപദേശങ്ങളോട് യോജിച്ചു പോകുന്നത് ചങ്കരാലയമല്ല ആ കാര്യത്തിലൊരു സംശയം മികച്ച വ്യാഖ്യാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കർമ്മവും മോക്ഷവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് രാമാനുചാചാര്യോട് പറയുന്നതിന് അത് മുമ്പോട്ട് വരുമ്പോൾ കൂടുതൽ കൂടുതൽ അത് വ്യക്തമാണ് ഫലാണി പുനർജന്മപ്രസവാനി കർമാണി മാതാ പിതൃസഹസ്രേഭ്യോ വിവത്സലതരതയാ ആത്മ ഉജ്ജീവനെ പ്രവൃത്ത ഭേദം വരുന്നതി കഥം വേദോദിതം ത്യാജ്യതയാ ഉച്ച ഇത്യതാഹം അത്യൽപ്പഫലാനും വളരെ ക്ഷുദ്രമായ അല്പഫലങ്ങളെ ഉണ്ടാക്കുന്ന പുനർജന്മപ്രസവാനും പുനർജന്മങ്ങളെ സൃഷ്ടിക്കുന്ന കർമാണി അങ്ങനെ കർമ്മങ്ങൾക്ക് രണ്ട് വിശേഷം കൊടുക്കുക എന്നാതിന്റെ ഫലം വളരെ മോക്ഷവുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ ക്ഷുദ്രമാണ് പുനർജന്മത്തിന് കാരണമാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ വേദക്ക് കിമർത്ഥം വന്നി വേദം എന്തിനു പറയുന്നു എന്നാണ് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ പറയുന്നു മാതാ പിതൃ സഹസ്ര ഭ്യൂമി അമ്മയെക്കാളും അച്ഛനെക്കാൾ അങ്ങനെയുള്ള ആയിരം അമ്മമാരെക്കാളും ആയിരം അച്ഛന്മാരെക്കാളും എന്നുവെച്ചാൽ അതൊരു എണ്ണത്തെ ഉദ്ദേശിച്ച് പറയുന്നല്ല കായലമ്മ കാണും അതല്ല പറയുന്നത് ലോകത്തിൽ ഏതൊരു മാതാവിനെക്കാളും ലോകത്തിലെ ഏതൊരു പിതാവിനെക്കാളും എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് മാതാപിതും മക്കളോട് സ്നേഹമുള്ള ഏതൊരു മാതാവിനെക്കാളും മക്കളോട് സ്നേഹമുള്ള ൊരു പിതാവിനെ കാണും മത്സരതരതയാ അങ്ങേറ്റം മത്സല്യം ആർക്കുണ്ട് ശ്രുതിക്ക് ശ്രുതിയുടെ പ്രാധാന്യ യാത്ര മാത്രമാണ് വൈദികന്മാർ അപ്പോ മാതാവിനെക്കാളും പിതാവിനെക്കാളും അങ്ങേറ്റം മത്സ്യമുള്ളതായ എന്തുകൊണ്ടാണോ ഈ അമ്മയെക്കാളും അച്ഛനെക്കാളും അങ്ങേറ്റം മത്സ്യമുള്ളതെന്ന് പറയുന്നത് ആത്മ ഉജ്ജീവനെ പോത്മാവിനെ ഉദ്ധരിക്കുന്നതിന് എന്നുവെച്ചാൽ ഈ സംസാരത്തിന് മൊഴി കിടക്കുന്ന ആത്മാക്കളെല്ലാം മോക്ഷത്തിലേക്ക് നയിക്കുക അതാണ് ആത്മോജ്ജീവനം സംസാരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുക അതാണ് ആത്മജീവം അതിനുവേണ്ടി പ്രവൃത്താഹ ആരംഭിച്ചിട്ടുള്ളതായ വേദങ്ങൾ എന്നാണ് അങ്ങനെയുള്ള വേദങ്ങൾ കിമർത്ഥം വന്നതി അത് സംസാരത്തിന് ഹേതുവായിരിക്കുന്ന ഈ കർമ്മങ്ങളെ എന്തിനു പറയണം മോക്ഷത്തിന് ഉപകരിക്കുന്നതായ ഈ ഭേദം എന്നാണ് പറയുന്നത് വേദം മോക്ഷത്തിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ സംസാരത്തിന് നടന്നമായിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് എന്തിനു പറയണം അത് പരസ്പര വിരുദ്ധമാണ് ഇതെല്ലാം ആചാര്യന്മാരും ചർച്ച ചെയ്യുന്നു ഭേദം മോക്ഷത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ സംസാരകാരണമായിരുന്ന കർമ്മങ്ങളേ അതിനെല്ലാവരും ഇതിന് സമാനം പറയുന്നു അതുപോലെ തന്നെ എന്താണ് ആധികാരിക ഭേദമനുസരിച്ച് പറഞ്ഞു കർമ്മ ഫലങ്ങളിൽ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞു മോക്ഷത്തിന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അതും പറഞ്ഞു അതാണ് പറയാൻ കഥം വാ വേദോവിധം ത്യാജ്യതയാവിച്ചത് ഇനി വേദം പറഞ്ഞ ഈ കർമ്മങ്ങളെ അത് ത്യജിക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ഗീതയിൽ പതിനെട്ട് അധ്യായത്തിന് ചിലമ്പം അജൻ ചോദിക്കുന്നു എന്താണ് ത്യാഗം അവിടെ ഭഗവാൻ ത്യാഗത്തെക്കുറിച്ച് പറയുകയും കർമ്മത്യാഗത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു ഈ കർമ്മങ്ങളെല്ലാം ത്യജിക്കേണ്ടതാണെന്നും പറയും ഇതെല്ലാം കൂടെ പരസ്പരവിരുദ്ധമാണ് വേദം അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് അങ്ങേറ്റം മത്സല്യത്തോടുകൂടി ആത്മാവിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം പറയുന്നത് അങ്ങനെ പറഞ്ഞ വേദത്തിലാണ് കർമ്മങ്ങൾ അതിനെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും സർവധർമാൻ പരിത്യജ്യാന്നെല്ലാം അല്ലേ പറയുന്നു എല്ലാ കർമ്മങ്ങളെയും പരിത്യച്ചിട്ട് പരിത്യാഗം അങ്ങനെ സാധിക്കും ഇതെല്ലാം സമാധാനമാണ് അടുത്ത പറയും നിത്യത ആഹാ ത്രൈഗുണ്യം ക്ഷയാവേദന നിർദ്വന്ദ് ഇതും അടുത്ത ആറാമത്തെന്ന് വിളിച്ച് എന്റെ അർത്ഥം യോജിച്ചു വരുന്ന രാമായ ഭാഷ ഇവിടെയും ശങ്കരാചാര്യ ഭാഷ്യത്തെക്കാളും മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് രാമാനുചാചര് എടുത്തിരിക്കുന്നത് ഗീതാപ്രഭാഷകരൊക്കെ ഇത് എവിടെയെങ്കിലും ഉദ്ധരിച്ചിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ രാമാനുജാചാരുടെ വ്യാഖ്യാനം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് അബദ്ധം പറ്റാതെ രാമാനുജ ചന്ദ്രാചരുടെ വ്യാഖ്യാനത്തെക്കാൾ കൂടുതൽ യോജിക്കുന്നതാണ് ത്രയോ ഗുണ ത്രൈപുണ്യം സത്വ രജ തമാംസി വിഷയാ ത്രൈപുണ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണ് ത്രൈപുണ്യം എന്ന് പറയുന്നത് സത്വൻറെ യുസത്തോമസ് ത്രൈ ഗുണം എന്ന് പറഞ്ഞ പിന്നെ വേറെന്താ അർത്ഥം കൊടുക്കുന്നത് മൂന്ന് ഗുണങ്ങളെന്നല്ലേ അർത്ഥം വളരെ സ്പഷ്ടമല്ല ബാക്കി തന്നെ ഉണ്ടല്ലോ സത്വന്റെ യുസത്തോമസ് അതുകൊണ്ട് അങ്ങനെ തന്നെ അർത്ഥം കൊടുക്കണം എന്നാണ് രാമാനുചാചാര്യ പറയുന്നത് ശങ്കരായത് ത്രൈപുണ്യം എന്ന് പറഞ്ഞാൽ സംസാരം എന്നിടത്ത് സംസ്ഥാനം വെച്ചാൽ ജനന മരണം അത്രയും കടന്നു പോകേണ്ട കാര്യമില്ല മൂന്ന് ഗുണങ്ങൾ തന്നെ എത്ര ഗുണ ശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ ക്ഷണി പ്രത്യയമാണ് ത്രികോണങ്ങൾ തന്നെ അങ്ങനെ നല്ല അർത്ഥം ഉണ്ട് എന്നാണ് പറയ സത്വരജമപ്രചുരാഹ പുരുഷാഹ ത്രൈമുണ്യശ്ദേനു വെച്ച സത്വത്തിന്റെ ആധിക്യമുള്ളവര് രജസിന്റെ ആധിക്യമുള്ളവര് തമസിന്റെ ആധിക്യമുള്ളവര് ഇങ്ങനെ മനുഷ്യരെ മൂന്നായി തിരിക്കാം അങ്ങനെ സത്വരജമപ്രചുരന്മാരായിട്ടുള്ള പുരുഷന്മാരെ അവരാണ് ത്രൈമുണ്യശ്ദം ത്രൈമുണ്യ ശബ്ദം കൊണ്ട് പറയും ഇവിടെ ഇവിടെ അധികാരികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും പുരുഷന്മാരാണല്ലോ വരുന്നത് അതുകൊണ്ട് പുരുഷ ശബ്ദം ഉപയോഗിച്ച് അവർ സത്വൻ ദയസ് തമസരാധിക്കണം തദ്വിഷയവേത ഭേദം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് സത്വസാത്വിക പുരുഷന്മാര് രാജസപുരുഷന്മാര് താമസപുരുഷന്മാർ അതാണ് തദ്വിഷയ ഭേദ തമപ്രജുരാണാം രജപ്രചുരാണാം സത്വപ്രചരാണാം ചലതയാഹിതം ബോധേന്ദ്ര വേദാവ അപ്പോ എല്ലാവർക്കും തത്വം കൂടുതലുള്ള മനുഷ്യർക്കും രജസ്വൂടുതലുള്ള മനുഷ്യർക്കും തമസ് കൂടുതലുള്ള മനുഷ്യർക്കും എന്താണോ യോജിച്ചത് അത് വേദം വാത്സല്യത്തോടുകൂടി ഉദ്ദേശിച്ചു വേദം എല്ലാവർക്കും വേണ്ടിയുള്ള അതാണ് തമപ്രജുരാണാം രജപ്രജുരാണാം തത്വപ്രജുരാണാംസതര വാത്സല്യത്തോടുകൂടി ഹം ഹിതം അതവബോധയഗുണ ആനുകൂല്യ സർഗാസാധനമേ ഹിതം നവബോധയ തജസ്തമപ്രചുരതയാത്വികോക്ഷേക്ഷിതാധനം അജാനന്ദ ഇതേ മൂന്ന് കൂട്ടറില് സത്വഗുണമുള്ളവരാണ് മോക്ഷത്തിന്റെ വഴിക്ക് പോകുന്നത് രജസും തമസമുള്ളവർ ആ വഴിക്ക് പോകത്തിൽ അത് കൂടുതലായിട്ട് രസ്യം ദിവസമുള്ളവർക്ക് എന്ത് പറ്റുള്ളൂ അവർക്ക് വേണ്ടത് വേദം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് വേദം ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയാൻ വയ്യാതെ അവർ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതെല്ലാം ചെയ്തിട്ട് അവർ അനർത്ഥങ്ങളെ പ്രാപിക്കും നശിച്ചു അപ്പം ഏതുകൊണ്ട് ചെയ്യുന്നു തമസ്സിനെ ആധികൃത രജസിനെ ആധിക്കും എല്ലാം വേണ്ടത് പറയുന്നുണ്ട് അതാണ് കർമ്മങ്ങൾ പറയുന്നത് അതുകൊണ്ട് അല്ല കേവലം സത്വം ഉള്ളവർക്ക് വേണ്ടിയിട്ടില്ല സത്വമുള്ളവർക്ക് മോക്ഷുന്നുണ്ട് വേദം എന്ന് പറഞ്ഞാൽ ഇതാണ് പറയുന്നത് അധികാരി ഭേദമനുസരിച്ച് ആർക്കെന്താണ് വേണ്ടത് അത് വേദം പറയുന്നത് അപ്പൊ ഇത് ചാദർ പറഞ്ഞു അതിനെ മനസ്സി വെച്ചുകൊണ്ട് പറയുന്നത് സത്വഗുണം ഉള്ള ബ്രാഹ്മണൻ എന്താണ് വേണ്ടത് അത് പറയുന്നില്ല ബ്രാഹ്മണ ജാതിക്ക് അത് പ്രത്യേകം മനസ്സിലാണ് രജസന പ്രാധാന്യമുള്ള ക്ഷത്രിയ എന്താണ് വേണ്ടത് ഏതും പറയുന്നു രസും തമസും കലർന്നു എന്നാൽ രജസ് കൂടുതലുള്ളതായി തമസ്സിനെ അപേക്ഷിച്ച് പൈസ എന്താണോ വേണ്ടത് അത് പറയുന്നു എല്ലാം ഭിന്ന ഭിന്ന അധികാരികളാണ് എന്നാൽ അതേ രജസവും തമസും കലർന്നു എന്നാൽ തമസ് കൂടുതലും ശൂദ്രനെന്താണോ വേണ്ടത് അതും വേദം പറയുന്നു ഈ നാല് ജാതികൾക്കും വേണ്ടത് വേദം പറയുന്നു അങ്ങനെയാണ് അധികാരി ഭേദം അതിന് സത്വ ആധിക്യമുള്ള വൻ ആരാണ് പൊതുവെ അങ്ങനെ പറയുന്നത് ബ്രാഹ്മണ ജാതിയാണ് അവർക്ക് വേണ്ടതും പറയുന്നു ഇനി അർജുനനെ കുറിച്ച് എന്താണ് നീ സത്വാധിക്യമുള്ളവനാണെന്നൂടെ പറയും എന്നാണ് രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കും ആദ്യന്തം അർജുനൻ മോക്ഷത്തിന് അധികാരിയാണ് അവകാശിയാണ് അർജുനൻ സത്വ സത്യ സത്വഗുണം കൂടുതലുള്ളവനാണ് എന്നാണ് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ ആശയ കുഴപ്പമുള്ളൂ രജസുള്ളവൻ ആണ് ക്ഷത്രിയനാണെന്നാണല്ലോ നമ്മൾ സാറിന് പഠിച്ചു വെച്ചിരിക്കുന്നു പൊതുവെ അങ്ങനെയാണോ പറയുന്നത് അപ്പൊ ഗുണത്തിനനുസരിച്ച് ജാതി എന്ന് പറയുകയാണെങ്കിൽ രജസുള്ളവനായിരിക്കും ക്ഷത്രിക്ക് ഇവിടെ അങ്ങനെയല്ല പറയും ജാതിയിലാണ് ഗുണങ്ങളും പറയുന്നത് ചിലപ്പോ ക്ഷത്രിയിൽ ജാതിക്കും സത്വഗുണം വരാം അങ്ങനെ ക്ഷത്രിയ ജാതിയിൽ സത്വഗുണം ഉള്ള ഒരാളാണ് അർജുനൻ എന്നാണ് കൂടെ പറയുന്നത് എന്തുകൊണ്ട് ഗുണത്തിനനുസരിച്ചുള്ള ജാതി ജാതിയിൽ ഗുണം വരാം പിന്നെ വിചാരിച്ച് സൂത്രന് സത്വം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞു ശുദ്രന് ജ്ഞാനം കാണുന്നുണ്ടെങ്കിൽ അവിടെ സത്വം വന്നിട്ടുണ്ട് അതാണ് ഇതിരനും മറ്റും വൈശ്യനിൽ സത്വം രാമെന്ന് ചോദിച്ചാൽ മതാണ് മഹാഭാരതത്തിൽ കഥാഭലതയും മറ്റും അതുപോലെ ജ്ഞാനമുണ്ട് അപ്പോ നമ്മുടെ സാധാരണ പ്രചരിച്ചിരിക്കുന്നു ശൂദ്ര വ്യാഖ്യാനം അനുസരിച്ചല്ല ഇവിടെ പറയും ഞങ്ങളെ പോലെയുള്ള ഒരു വ്യാഖ്യാനം ശൂദ്രന്മാർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറിപ്പറ്റണം അതിനുവേണ്ടി അവർ പറയുന്ന പോലെ രീതിയിലെ കാര്യം ഞാൻ പ്രത്യേകം പറയാം മഹാഭാരതത്തെ എങ്ങനെയല്ല മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളും എടുത്തു പറയുന്നത് എന്താണ് ജന്മം കൊണ്ടങ്ങനെ ജാതി നിശ്ചയിക്കാൻ പറ്റില്ല അവന്റെ ഗുണവും കർമ്മവും കൂടെ നോക്കണം എന്നിട്ട് ജാതി നിശ്ചയിക്കാവും എന്ന് പറയും ഗുണകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പറയും ഇവിടെ ഈ ആചാര്യന്മാരെല്ലാം വ്യാഖ്യാനിച്ചു പോകുന്നത് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ അർജുനന് സത്വാധിക്യമുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെങ്കിലും ക്ഷത്രിയനാണ് ബ്രാഹ്മണനാകട്ടെ പക്ഷേ അർജുനൻ ക്ഷത്രിയനാണല്ലോ അപ്പൊ അതിന് ഗുണമനുസരിച്ചാണോ ജാതി വർണ്ണവും ജാതിയും പറയുന്നതിന്റെ വ്യത്യാസം വർണം വേറെയാണ് ജാതി വേറെയാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് തകർക്കുന്നവരുണ്ട് ഈ കണക്കാർക്ക് വ്യാഖ്യാനിക്കാം ഓരോരുത്തർക്കും ആവശ്യങ്ങളനുസരിച്ച് കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം പക്ഷെ ഈ പറയുന്ന ആചാര്യന്മാരുടെ വ്യാഖ്യാനമായിട്ടൊന്നും യോജിക്കത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു അർജുനനെ സാത്വികനായിട്ട് എന്ന് പറയും ഇനി ആ സത്വഗുണത്തെ നീ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നു അത് പലയിടത്തും പറയും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സത്വഗുണമാണ് ഏത് ജാതിയിലും ഈ സത്വഗുണമുള്ള ഉണ്ടാകാം ാണ് ജനിക്കുന്നത് ജനനമാണ് ജാതിയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണത്തെ തീരുമാനിക്കുന്നു എന്തുകൊണ്ട് ആ ജനത്തോടൊപ്പം ആ ജന്മത്തോടൊപ്പം തന്നെ അവനൊരു ഗുണവും കർമ്മവും വന്നു ചേരുന്നു അതാണ് അർജുനന് സത്വം ഉണ്ടെങ്കിലും അർജുനന് യുദ്ധം ചെയ്തേ പറ്റും കാരണം ആ കർമ്മം ജന്മത്തോടെ വന്നു ചേർന്നാണ് ജന്മത്തോടൊപ്പം അത് വന്നു ചേർന്നു ചെയ്തേ പറ്റും അതാണ് അർജുനൻ ചെയ്യാൻ നിർബന്ധിതനായി അപ്പൊ അർജുനൻ സത്വഗുണമുണ്ടെന്ന് പറയുമ്പോൾ ശങ്കരാകാരത്തിന് എതിർപ്പും അർജുനന് സത്വഗുണമുണ്ട് ഭക്തോസിമേ സഖാചേരി എന്റെ ഭക്തനാണ് സത്വഗുണമില്ലാത്ത ഒരു ഭക്തി ഉണ്ടാവും അത് അംഗീകരിച്ചേ പറ്റും ഇവിടെ പ്രതിസാധ്യമാം പ്രപന്നം ഞാൻ നിന്നെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു സത്വഗുണമില്ലാത്തവരെ നിങ്ങൾക്ക് കഴിയും സത്വഗുണമില്ലാത്ത ആരെങ്കിലും വിശ്വരൂപം ആർക്കെങ്കിലും ഇതുപോലെ കാണാൻ അതെല്ലാം അർജുനന് സത്വഗുണമുള്ളതെന്നുള്ളത് എന്റെ അത്തെവാണ് പക്ഷെ നൻ ക്ഷത്രിയനാണ് ജാതി ക്ഷത്രിയനാണ് വർണം ക്ഷത്രിയനാണ് എന്തുകൊണ്ടാണ് അതൊക്കെ ജന്മം കൊണ്ടാണ് തീരുമാനിക്കുന്നത് സംശയമുണ്ടെങ്കിൽ മുമ്പോട്ട് എന്തും അത് വ്യക്തമാക്കാം ഓരോ സന്ദർഭങ്ങളിലും വ്യക്തമാണ് പിന്നെ ഞങ്ങളെ പോലെയുള്ളവർ മറിച്ച് വ്യാഖ്യാനിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും അതിനാണ് ഞാൻ പറയുന്നത് സൂത്ര വ്യാഖ്യാനം ഇവിടെ വരും അത് ഭംഗീകരിക്കുന്നു ഈ വ്യാഖ്യാനാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഗീതയുടെ വരികൾ ഏതിനോടാണ് യോജിക്കുന്നതെന്നുള്ളത് ആ വരികൾക്കനുസരിച്ച് വ്യാഖ്യാനം അപ്പൊ നിങ്ങൾക്ക് വ്യക്തമാണ് അപ്പൊ ഇവിടെ അത് തന്നെയാണ് എന്താണ് പിന്നെ ഇതിനൊക്കെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ മനുഷ്യന് ചില പക്ഷപാതപരമായ ചിന്തകളുണ്ട് അതങ്ങോട്ടൊരു മനസ്സിൽ രൂഢമായിക്കൊള്ളിക്കഴിഞ്ഞാൽ മറ്റൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സ് കുറച്ച് വിശാലമായിരിക്കും എവിടെ ശരി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മനസ്സായിരുന്നു എന്താനേ പറ്റി നമ്മളെ സാധാരണ മനുഷ്യന്റെ കാര്യം പറയുന്നത് ചില ആൾക്കാരുണ്ടല്ലോ ചിലര് ദേശാഭിമാനി പത്രമേ വായിക്കും ചിലർ ജന്മഭൂമിയേ വായിക്കത്തുള്ളൂ കാരണം ഇവർ വിശ്വസിക്കുന്ന സത്യം ഇതിനകത്തേ ഉള്ളൂ എന്നാണ് ദേശാഭിമാനി വായിക്കുന്നവർ പറയുന്ന എന്താണ് സത്യം അതിനകത്തേ ഉള്ളൂ ജന്മഭൂമി വായിക്കുന്നവരെന്താ പറയുന്നത് സത്യം അതിനകത്തേ ഉള്ളൂ ഇവർ ഒരിക്കലും മറ്റത് വായിക്കത്തില്ല മനോഭാവം ഇതിനാണ് തോതിലും പയാസം ഇതാണ് ഈ സൂദ്ര വ്യാഖ്യാനങ്ങളുടെ എല്ലാം അവർക്ക് അങ്ങനെ വ്യഖ്യാനിക്കാൻ പറ്റും മറിച്ചൊരു വ്യാഖ്യാനം അവർക്ക് സാധിക്കും അങ്ങനെ ആയിപ്പോയി അവർ കൈരളി ടിവിയെ കാണത്തുള്ളൂ കൈരളി ന്യൂസേ കാണത്തുള്ളൂ ജന്മഭൂമിയുടെ ന്യൂസ് കാണത്തില്ല തിരിച്ചും അങ്ങനെ ആയിപ്പോയി ബുദ്ധിയും പെട്ടുപോയ മനുഷ്യൻ ശരിക്കും ന്യൂസ് എന്താണെന്ന് പറയണമെങ്കിൽ ഇത് രണ്ടും കാണണം രണ്ടും അല്ലാത്തതും കാണണം എന്നാലേ ന്യൂസിന്റെ കുറെ സത്യാവസ്ഥ ചെയ്യപ്പെട്ടു അതുപോലെ ഗീതയുടെ ന്യൂസ് ശരിയാ അറിയണമെങ്കിൽ എല്ലാ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കി എല്ലാ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കിയിട്ട് നമ്മള് വിശകലനം ചെയ്തിട്ട് ബാക്കി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് എന്താണ് എന്താണ് കഴിഞ്ഞ ദിവസം ധൈര്യം സ്വയം തീരുമാനമാണ് മറ്റാദ്യ തീരുമാനങ്ങളെ നമ്മുടെ തലയിൽ അടിച്ച് ഇറക്കാൻ അനുവദിക്കരുത് എന്റെ തീരുമാനം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ ബോധ്യമാണ് നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ എന്റെ ബോധ്യങ്ങളെ മറികടക്കുന്നതിനുള്ള ശേഷി ഉണ്ടായാൽ മതി അത് സാധിക്കുന്ന കാര്യങ്ങൾ അതിനുള്ള പഠിപ്പും വിവരവും നിങ്ങൾക്കും ഉണ്ടാവാ ഉണ്ടായിക്കൂടാന്ന് ഞാൻ പറയാം അവരോട് ഞാൻ പറയുന്നത് മെച്ചപ്പെട്ട വ്യാഖ്യാനം കാരണം ഇനി ആരെങ്കിലും ഇതിലും മെച്ചപ്പെട്ട വ്യാഖ്യാനം ഉണ്ടാക്കിയാൽ നമുക്കറിയാൻ പറ്റത്തില്ല സമ്പ്രദായ വ്യാഖാനത്തെ അനുസരിച്ച് മെച്ചപ്പെട്ട വ്യാഖ്യാനമാണ് രാമാനുജന്റെ വ്യാഖ്യാനങ്ങളുടെ എന്ന് പറയുമ്പോൾ രണ്ടാർത്ഥം മെച്ചപ്പെട്ടതെന്നാണ് അവസാനത്തൊന്നാണ് അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് മൂന്ന് കൂട്ടുകൾ സത്വം ആധിക്കുള്ളവരും രജസ് ആദിക്കുള്ളവരും തമസ് ആദിക്കുന്നവരും അല്ലെങ്കിൽ ഇവിടെ അർജുനനെ പ്രതികരിക്കുന്നത് സത്വം കൂടുതലുള്ളവനായിട്ടാണ് പല ഗീതിയുടെ പല സന്ദർഭങ്ങളും ഇഷ്ടോസിമി നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് പ്രിയോ നീ പ്രിയപ്പെട്ടവനാണ് എന്താണ് തമസ കൊണ്ടാണോ ഇഷ്ടപ്പെടുന്നത് രജസ് കൊണ്ടാണോ അതേ സത്വം കൊണ്ടാണ് സത്വം കൊണ്ട് തന്നെയാണ് അതല്ല പറയുന്നത് എന്താണ് നിത്യസത്വസ്ഥ ഈ നിത്യം സത്വത്തിൽ തന്നെ സ്ഥിതി ചെയ്യണം നിത്യ സത്വത്തിൽ സ്ഥിതി ചെയ്യണം ഇപ്പൊ സത്വം ഉണ്ടായാലേ പറ്റും അല്ലെങ്കിൽ ഭാവിയിൽ എന്റെ സത്വത്തിൽ സ്ഥിതി ചെയ്യാൻ പറ്റുന്നു ദേവീ സമ്പദ് റിമോട്ട് നിബന്ധ ആസുരി മാശുച സമ്പത്ത് ദേവിയും അഭിജാദോസി കേട്ടിട്ടുണ്ട് നീ ദുഃഖിക്കേണ്ട നീ ദേവീ സമ്പത്തിന് വേണ്ടി ജനിച്ചവനാണ് ഈ ദേവീസമ്പത്ത് എന്ന് പറയുന്നത് എന്താണ് തുടങ്ങുന്നത് എങ്ങനെയാണ് അഭയം സത്വ സംശുദ്ധി ശുദ്ധമായ സത്വ ഗുണമാണ് അവന്റെ അടയാളം പിന്നെ സത്വ സംശുദ്ധി നീ അതിനു വേണ്ടി ജനിച്ചവനെന്നാണ് പറയുന്നത് നീ അർഹൻ അതിനാണ് ശുദ്ധമായ സത്യത്തിന് വേണ്ടിയിട്ടുള്ള എന്നാണ് സത്യ ഗുണം അർജുനനുണ്ട് രജസി ബാക്കി എന്താണ് ോട് ചോദിച്ചിട്ടൊരു കാര്യം വിട്ടു അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് സ്വകാര്യ സാധനം അവബോധയിൽ ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള അധികാരികൾ രഹസ്യം താമസം കൂടുതലായിട്ടുള്ളവർക്ക് അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് സ്വർഗാദി സാധനമേ ഹിതം എന്നാണ് അതി സ്വർഗാദി സാധനം അതാണ് അവർക്ക് ഹിതം അത് ബോധിപ്പിച്ചില്ല എന്തുണ്ടെങ്കിൽ പ്രനിഷ്ഠ പറയൂ അവരുടെ അന്നശ് അപ്പൊ ഈ രജിസും താമസവും ഉള്ളവർക്ക് അവർക്ക് സ്വർഗസാധനമൊക്കെ ഉപദേശിച്ചു കൊടുക്കണം എന്നാണ് അച്ഛനൊക്കെ സംശയം തോന്നി തമസ്സുള്ളവനും സ്വർഗത്തിൽ പോകുന്നു പോകുമോ തമസ്സുള്ളവൻ സ്വർഗത്തിൽ പോകും പോവും അത് മനസ്സിലാക്കണമെങ്കിൽ രാജ്യം വിടരുത് കാരണം ശൂദ്രൻ ബ്രാഹ്മണാദി മേൽജാതികളെ സേവിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതി സേവിച്ചു കഴിഞ്ഞാൽ അവന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗമാണ് അവനൽ അധികരിച്ചിരിക്കുന്ന തമസ്സാണ് അപ്പൊ തമസുള്ളവനും സ്വർഗത്ത് പോകും അപ്പോ അവനും പറഞ്ഞു കൊടുക്കണം നീ എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ സേവിക്കുക അങ്ങനെ സ്വർഗത്ത് പോകുക എന്നുള്ളതാണ് ഇത് സ്മൃതികളിലെല്ലാം പറയുന്നു സ്വർഗത്ത് പോകും എന്ന് തന്നെ പറയും പൈസയിൽ സ്വർഗത്ത് പോകും ക്ഷത്രിയനും സ്വർഗത്ത് പോകും ബ്രാഹ്മണന് സ്വർഗത്ത് പോകും എല്ലാവർക്കും സ്വർഗമുണ്ട് പിന്നെ മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് സത്വം ആധിക്യമുള്ളവന് മോക്ഷം സാധിക്കാം അതിൻ്റെ വഴികളും പറയും പൊതുവെ പൊതുവെ പറയുമ്പോൾ എന്താണോ ശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും പറയുന്നത് അവനവന്റെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വാഗതം ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവനും പഠന ആശ്രമ വ്യവസ്ഥയിലൂടെ മനസ്സിലാക്കും പഴയ ജാതി വ്യവസ്ഥയിൽ നിന്നും ഇത് മനസ്സിലാകത്തുള്ള പിന്നെ ഇന്നത്തെ ശുദ്ര വ്യാഖ്യാനം മാറിപ്പോകുന്ന എന്തുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ വില പോയി അതുകൊണ്ട് തിരിച്ചു മറിച്ചു പോകുക വ്യാഖ്യാനിച്ചിട്ട് കാലത്തിന് അനുകൂലമാക്കിയെടുക്കുന്ന ഞാൻ എന്താണ് എന്താണോ അതിൻ്റെ വ്യാചാര്യന്മാരെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അതനുസരിച്ച് ഞാൻ പറയുക ഇതൊക്കെ വേണമെങ്കിൽ ഇന്നത്തെ സൂത്ര വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാം കുഴപ്പമൊന്നും അത് നിങ്ങളുടെ ഇഷ്ടം അപജി എന്താണ് ഈ സൂത്ര വ്യാഖ്യാനം ശൂദ്ര വ്യാഖ്യാനം ഇതൊക്കെ ബ്രാഹ്മണരെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംശയിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അതിനെ മാറ്റിവെക്കുന്നത് ശൂദവ്യാഖ്യാനം അതൊരു സംശയമേ അതാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് ഏത് ഏഷ്യാം സ്വഗുണ ആനുകൂല്യന അവരവരുടെ ഗുണങ്ങൾക്ക് അനുകൂലമായി സ്വർഗാദി സാധനങ്ങൾ വക സ്വർഗാദി സാധനമായിരിക്കുന്ന ഏകാദികളാണ് ഗീതമായിട്ടിരിക്കുന്നത് അത് നാം നിബോധിപ്പിച്ചില്ലെങ്കിൽ മുന്നിലോട്ട് പോയി അനുഭവിക്കണം ധൃനിഷ്ഠയുന്നതെല്ലാം നശിച്ചു തഥ ഏത് അങ്ങനെ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം രജത്തമപ്രചുരതയ ഈ പറയുന്നത് രജസും തമസും കൂടുതലുള്ളവരെ സംബന്ധിച്ചാണ് സത്വഗുണമുള്ളവരെ വിട്ടിരിക്കയാണ് അവരെ ഒഴിവാക്കിയിരിക്കണം അവർക്ക് ഈ ഗുണങ്ങളെല്ലാം ആധികം ഉള്ളത് സാത്വിക ഫല മോക്ഷം ഇമുക്കാകാം അവർക്ക് പൊതുവെ എന്താണ് സാത്വികമായ ഗുണമുള്ള ആ അധികാരികളുടെ ഫലമായ മോക്ഷത്തിൽ പൊതുവെ അവർക്ക് അവർക്ക് സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് സ്വർഗത്ത് പോയാം സ്വധർമ്മം അതുകൊണ്ടാണ് പറയുന്നത് സ്വധർമ്മയെ നിധനം സെലവിയാം നീ സ്വധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞ് മരിച്ചുപോയാൽ നിനക്ക് സ്വർഗം കിട്ടും സ്വർഗം ഒരിക്കലും സംശയിക്കണ്ട എന്താണ് ക്ഷത്രിയനാണ് സ്വധർമ്മമായിട്ടും അനുഷ്ഠിക്കും അതാണ് അതിനു ചെയ്യുന്നത് പിന്നീട് എന്താണ് യുദ്ധസേവി ലഘ്വാസി യഥവാക്വായ മാനസ് എന്നെല്ലാം ഉപദേശിച്ചിരിക്കുന്നതുപോലെ ഏകാന്തയ്ക്ക് ഒരു ധ്യാനിക്കാനൊന്നും ഒരു അവസരം കിട്ടില്ല മോക്ഷത്തിനുള്ള അവസരമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ പ്രയാസപ്പെടേണ്ട കാര്യമില്ല സ്വധർമ്മയെ വിധനസ് അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ച സ്വർഗം യുദ്ധത്തിൽ മരിക്കുന്നവനും ക്ഷത്രിയനും സ്വർഗമാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് സംഭവം അപ്പോൾ ആ വഴി കാണിച്ചു കൊടുക്കും രജസ് അധികമായിട്ടുള്ളവനും പറഞ്ഞുകൊള്ളണം നിന്റെ ധർമ്മം ഇതാണോ ഇതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ ക്ഷത്രിയനാണ് പറയുന്നു അർജുനന് സത്വമാണ് കൂടുതല് പിന്നെ അർജുനൻ ചെയ്യുന്നത് യുദ്ധമാണ് അപ്പൊ കൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്നു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോ രജസ് കൊണ്ട് യുദ്ധം ചെയ്യുന്നു സത്വമുണ്ടെന്നും പറയുന്നു അപ്പൊ ഇതങ്ങനെ രണ്ടും യോജിപ്പിക്കുന്നു അങ്ങനെ നിങ്ങളങ്ങനെ യോജിപ്പിക്കുന്നു ഗീതയിൽ യോജിപ്പിക്കുന്നുണ്ട് രജസ്സാണ് ആധിക്കുമെങ്കിൽ അവൻ യുദ്ധം ചെയ്തിട്ട് സ്വർഗത്വം സത്വമുണ്ടെങ്കിൽ അവൻ എന്തെയും കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിച്ചു ആത്മബോധത്തോട് കാരണം പറയും കാരണം നമ്മള് അർജുനന് സത്വം ഉണ്ടെന്ന് പറയുന്നു ഈ പറയുന്നൊക്കെ ആശയപരമായിട്ടാണ് പ്രാക്ടിക്കലായിട്ടില്ല പറയുന്നു അങ്ങനെ ധരിച്ച് ഭ്രമിച്ചു പോരുന്നത് ആശയപരമായിട്ട് ഇതൊക്കെ ശരി അങ്ങനെ രജസുള്ളതുകൊണ്ട് യുദ്ധം ചെയ്യുന്നു ക്ഷത്രിയം തന്നെ സത്വം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു കർമ്മയോഗം അനുഷ്ഠിക്കും മോക്ഷം അപ്പൊ യുദ്ധം കൊണ്ട് കേവല സ്വർഗത്തിലല്ല പോകുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ ഗുണങ്ങളും ജാതി എല്ലാം കൂടിയിട്ട് കൂട്ടിക്കൊഴിച്ച് ആശയക്കുഴപ്പം ഉണ്ടെന്നുള്ള കാര്യമില്ല ജന്മത്തിനനുസരിച്ച് തന്നെയാണ് ഗുണങ്ങൾ കർമ്മങ്ങൾ അതനുസരിച്ച് എന്നെയാണ് വർണ്ണം അതനുസരിച്ച് എന്നെയാണ് ജാതി എന്നാണ് ഇവിടെ വ്യാഖ്യാനിച്ച് വരുന്നത് അത് വ്യാഖ്യാനം അനുസരിച്ച് വ്യക്തമായി ധരിച്ചാൽ പോവാം ഞാൻ മുമ്പ് ഒരു ഗീതാ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ടല്ലോ അതൊന്നും ശരിയല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് പ്രചാരം ഒന്ന് ഏതിനായാലും ശരി ഈ ഏറ്റവും പ്രധാനം ഏതിനായാലും ശരി പണ്ട് ഇന്നും പ്രചാരം കിട്ടുന്നതിന് പ്രധാനമായ കാരണം രാഷ്ട്രീയമായ കാരണങ്ങൾ അതാണ് ഏറ്റവും പ്രധാനമായ ശങ്കരാചാര്യ ഈ ഭാഷ എഴുതുന്ന സമയത്ത് ഇന്ത്യ പൊതുവെ എന്നു വെച്ചാൽ മുഹമ്മദ് ബിൻ ഗുജറാത്തിന്റെ ഇന്നത്തെ കച്ച് പ്രദേശത്തൊക്കെ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ ആ കാലമാണ് അകത്തു കയറിയത് പൊതുവെ ആഭ്യന്തരമായി ഇന്ത്യ ശാന്തമായി അപ്പോ അതുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ശങ്കരാചാര്യ ആശയങ്ങൾ അന്ന് തന്നെ പ്രചാരമുണ്ടായി തൊട്ടടുത്ത കാലമായി പ്രചാരം നമ്മുടെ രാമാനുജന്റെ കാലത്തിലാണ് ദില്ലി സുൽത്താൻ പോയി ശ്രീരംഗത്തെ ആക്രമിക്കുന്നത് അപ്പൊ എത്തി ഇന്ത്യയുടെ അന്തരീക്ഷവും പറയുന്ന കലങ്ങി അപ്പോൾ ഇദ്ദേഹം വ്യാഖ്യാനം എഴുതുക മാത്രമല്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് അപ്പോ അങ്ങനെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ആ കാലഘട്ടത്തിൽ ഇതിന് പ്രചരിക്കാൻ അധിക സൗകര്യമുണ്ടായി അതിനുശേഷം വേദാന്ത ദേശികനെ പോലെയുള്ള ആചാര്യന്മാർ ഒന്നാണ് ഇതിന് കൂടുതൽ പ്രചാരം കൊടുത്തത് അക്കാര്യത്തിൽ ശങ്കരാചാര്യ ശിഷ്യന്മാരും വലിയ പങ്ക് വഹിച്ചു കാരണം അവര് ഋഷ്യന്മാര് ഭാരതത്തിൻ്റെ നാല് ഭാഗത്തും പോയി മഠങ്ങൾ സ്ഥാപിച്ചു വലിയ പ്രചാരം കൊടുത്തി അതിന് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായി കഥയാണെങ്കിലും സംക്രാന്തി വിജയിൽ പറയുന്നത് അജാതശത്രുന്ന് പറയുന്ന രാജാവിന്റെ പട്ടാളക്കാരുടെ സഹായത്തോടുകൂടി രാജാവിനോടൊപ്പം ശങ്കരാചാര്യ ഭാരതം മുഴുവൻ തിരിച്ച് നട മഠങ്ങൾ സ്ഥാപിക്കുകയും ശത്രു സംഹാരം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ആ ഭാഗ്യമൊന്നും ഇതാണ് ഞാൻ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ രാമാനുജാൻ കിട്ടിയത് അപ്പൊ ഇന്ത്യയുടെ അന്തരീക്ഷം കലങ്ങി പറഞ്ഞത് അതാണ് ഒരു പ്രധാനമായ കാര്യം ഏതെന്റേയും പ്രചാരം എന്ന് പറയുന്നത് കേവലം മൂല്യാധിഷ്ഠിതമാണ് ഏതായാലും ശരി സോപ്പായാലും ശരി ടൂത്ത് പേസ്റ്റായാലും ശരി മൂല്യാധിഷ്ഠിതമല്ല പ്രചാരമാണ് മറ്റു പല ഘടകങ്ങളും സ്വാധീനം സ്വാധീനം അതുതന്നെയാണ് ഇതിലൊക്കെ സംഭവം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് ശങ്കരഭാഷി മോശവും ഭഗര ആചാര്യപ്പോൾ എന്താണ് പരമാവധി തന്റെ യുക്തികൗശല യുക്തിയാണ് ഉപയോഗിച്ച് തന്റെ സിദ്ധാന്തത്തെ സമർപ്പിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് രാജാക്കന്മാരുടെ പിൻബന ഉണ്ടായിരുന്നു അലഘട്ടത്തിൽ തന്നെ ഇത്രയും സ്ഥാപനങ്ങളൊക്കെ അതിനോട് അനുബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷെ രാമാനുജന്റെ കാരണം വന്നപ്പോ അതെല്ലാം പോയി പിന്നീട് എന്താണ് മുസ്ലിം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ അന്തരീക്ഷം ഇതിനൊന്നും പറ്റിയൊരു അന്തരീക്ഷമായിരുന്നു എന്നു യുദ്ധങ്ങളും കലകളും ഈ ഭാഷയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ബ്രാഹ്മണ രേഖപ്പെടിച്ചവരെ അവിടെ എവിടെയൊക്കെ മുറിച്ചിട്ട് അവരെ മതത്തിച്ചേർത്തു അങ്ങനെ കുറേ എണ്ണം പോയി ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതുകൊണ്ടാണ് പിന്നെ അതിൽ നിന്ന് വലിയ പ്രചാരമുണ്ടാവുന്നത് ഇപ്പോ മൊത്തം രാമാനുജ ഭാഷയും ശങ്കരഭാഷയെക്കാൾ കേമം അല്ലെങ്കിൽ മറ്റ് പറയുന്നത് ഇതൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് ഓരോന്നിനും അതിൻ്റെതായ മഹത്വമാണ് പണ്ട് കുരങ്ങൻ അപ്പം പങ്കുവച്ച് അറിയാമല്ലോ അതുപോലെ തൂക്കി നോക്കി നമുക്കിതിൻ്റെ ഒന്നിനെ വലും ചെറുതാക്കാനും നോക്കത്തിന് എല്ലാവർക്കും അവരുടേതായ യോഗ്യതകളുണ്ട് പക്ഷേ പ്രചാരം വന്നത് രാമായ ശാങ്കര ഭാഷ ആസ്തികന്മാരുടെ പ്രമാണങ്ങളെല്ലാം കൂടുതൽ രാമാനുജ ഭാഷയത്തെയാണ് അനുകൂലിക്കുന്നത് നമ്മുടെ പുരാണങ്ങളും സ്മൃതികളുമെല്ലാം അനുകൂലിക്കുന്ന രാമാജ്ഞന് എന്നാലും ശാങ്കരഭാഷയൊക്കെ ആരാ അനുകൂലിക്കുന്നത് കേവലം ബൗദ്ധ പിന്തുണയാണ് ബൗദ്ധന്മാർ ഒരു പരമാർത്ഥമാണ് വിജ്ഞാനവാദം ശൂന്യവാദം അതൊക്കെയാണ് പിന്തുണ പക്ഷെ എന്നിട്ടും ആസ്തികനായ ശങ്കരാചാര്യർക്ക് ആസ്തികനായ രാമാനുജക്കാളും കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നോക്കുക ഇപ്പൊ ശങ്കര സാഹിത്യം ശ്രീ ശങ്കരാരണി എന്നു അദ്വൈതത്തിലുള്ള എത്രയോ ഗ്രന്ഥങ്ങളാണ് എത്ര പ്രകടന ഗ്രന്ഥങ്ങളാണ് എഴുതി മറിച്ച് എഴുതി രാമാനുചാചരുടെ മുഖത്തിൽ അത്രയും ദുരന്തങ്ങളൊന്നും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ പിന്നെ വ്യാഖ്യാനമാകുമ്പോൾ ചില സ്ഥലങ്ങളിൽ രാമായിക ഭക്ഷ്യത്തെക്കാൾ മുഖച്ച അർത്ഥ ശങ്കരാചാര്യ പറയാതെ അടുത്ത് വരുന്ന ഭാഗത്താണ് ഞാൻ കാണിച്ചത് അങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ട് വ്യാഖ്യാനം വരുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട് ഇത് മൊത്തം രാമായികളിൽ മെച്ചമെന്ന് ഞാൻ പറയില്ല ചില സന്ദർഭങ്ങൾ ചില വാക്കുകൾക്കൊക്കെ അർത്ഥം വരുമ്പോൾ ശങ്കരാചാര്യം മെച്ചം എന്തുകൊണ്ട് അത് പറയുന്ന എന്റെ അറിവ് ഞാൻ പഠിച്ചിട്ടുള്ള വ്യാകരണവും തർക്കവും വെച്ച് ഞാൻ എനിക്കങ്ങനെയാ നമ്മളിതൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും ഇപ്പൊ വ്യാകരണമോ മീമാംസയോ തർക്കമോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവരിങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കാം അതൊക്കെ അറിയാവുന്നവരാണ് രണ്ടാത്തവർക്ക് പറ്റത്തില്ല എൻ്റെതാണോ കൂടുതൽ യോജിക്കുന്ന ശാസ്ത്രങ്ങളുടെ ബലത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറയാം അതൊക്കെ നമ്മൾ കുറച്ച് പരിശ്രമിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായി വേണ്ടതാണ് ഇത്രയും രാഷ്ട്രീയ ബുദ്ധി മനസ്സിൽ പഠിക്കാനോ പഠിപ്പിക്കാനോ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം അവിടെയുള്ള ആകാ സംഗതികൾ രാഷ്ട്രീയത്തെ മനസ്സിൽ നിങ്ങളെ എന്നിട്ടെന്താണ് ആ ശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു മെത്തഡോളജിയുണ്ട് അതനുസരിച്ച് വെക്കാൻ കാപട്ട്യങ്ങളൊന്നും പാടില്ല കഴിയുന്നത് ഞാനാണ് ശ്രമിക്കുന്നത് അത് എന്തെങ്കിലും പോരായമാണ് വരുന്നതെങ്കിൽ എന്റെ കഴിവിന്റെ പോരായ മാത്രമേ ഉള്ളൂ ഞാനൊരിക്കലും കപട രാഷ്ട്രീയത്തെ ആശ്രയിച്ച് എന്റെ ആവശ്യമില്ല ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ വേറെ എന്ന് പറയുക അങ്ങനെയുള്ള പരിപാടിയുണ്ട് നിങ്ങളെ കബളിപ്പിക്കണം അങ്ങനെ ഉദ്ദേശിക്കും എനിക്ക് അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല ഒക്കെ പറ്റൊന്നും കൂടുതലൊന്നും കിട്ടില്ല എനിക്ക് ഉറപ്പാണ് പിന്നെ ഞാനെന്തിനാ അങ്ങനെ കബളിപ്പിക്കുന്നു ആരെങ്കിലും എനിക്ക് ഓഫർ ചെയ്യണേ രണ്ടു മൂന്ന് കോടി തരാമെന്ന് പറഞ്ഞു വയസ്സായിട്ട് പോരട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കബളിപ്പിക്കാം അങ്ങനെയും തരാ ആരും ഇത് ഞാൻ അംഗത്തി കാര്യം അതുകൊണ്ടെന്താ പറയുന്നത് ആ പ്രചാരം അങ്ങനെ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് മൂല്യത്തെ മാത്രം അധിഷ്ഠിതമാക്കിയാൽ ഞാൻ പറയും പിന്നെ നമ്മൾ രാമായിക ഭാഷയൊക്കെ മനസ്സിലാകുമ്പം അത് മെച്ചമാണെന്നുള്ള ധാരണയിൽ തന്നെ മനസ്സിലാക്കും പക്ഷര ഭാഷയൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് കേമമാണെന്നുള്ള എഴുതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും അതും മറ്റൊരു കാര്യം അപ്പോ തഥാ ഏതേ രജത്തമപ്രചുരതയാ സാത്വിക ഫല മോക്ഷമുഖക്കാവാ രജസും തമസ്സും ആദ്യമുള്ളതുകൊണ്ട് സാത്വികമായ ഫലം മായ മോക്ഷം അതിന് താല്പര്യമില്ലാത്തവര് അധികാരികൾ ഭിന്നാധികാരികൾ രജസും തമസും കൂടുതലായിട്ടുള്ളവര് സ്വർഗസ്വ അപേക്ഷിത ഫലസാധനം അജാനന്ത അപ്പോ അവരുടെ ഫലം എന്താണ് സ്വർഗം അവരാഗ്രഹിക്കുന്ന ഫലം എന്താണ് സ്വർഗം അതിനുള്ള ഉപായം എന്താണെന്ന് അറിയാൻ വയ്യാതെ ഈ രജസിനും തമസനും അതായത് ഇപ്പോൾ തമസിൽപ്പെട്ട സ്വർഗൻ അവന് വേണ്ട അതിന്റെ ഫലം എന്താ അതിന്റെ സാധനം എന്താണ് സേവ അതവൻ അറിയും അറിയാതെ അവൻ സേവിക്കാതിരിക്കും മറ്റെന്തെങ്കിലും പണിക്കുമോ അവിടെയാണ് കയറാറ് വരുന്നത് വയസ്സിനെന്താ വേണ്ടത് വയസ്സിനും വേണ്ട ഒരു സ്രസ്സോ അതിനുവേണ്ടി അവയെന്ത്യനും കൃഷി ഓരോ രക്ഷമാണ് എന്ത് ചെയ്യും ഇതറിഞ്ഞില്ലെങ്കിൽ അവൻ ആ പണി വിട്ടിട്ട് അവൻ പറയുന്നത് സ്വാപേക്ഷിത ഫലം അവരവർ ആഗ്രഹിക്കുന്ന ഫലം സ്വർഗാദിഫലമാണ് അതിന്റെ സാധനം എന്ന് പറയുന്നത് ഓരോ ജാതികൾക്കും പറഞ്ഞിട്ടുള്ള കർമ്മമാണ് അത് അജാനന്ദ അറിയാത്ത കാമപ്രാവണ്യ വിവസഹ കാമത്തിന് അനുകൂലമായി അതിനധീനമായി കേവലം കാമങ്ങളുണ്ട് ഈ വർണ്ണാശന ഉപസ്യത്തെറ്റി എന്ന് പറഞ്ഞാൽ സൂദ്രനന്തയും കച്ചവടം നടത്താൻ പോവും വൈശ്യനന്റെയും പൂജ നടത്താൻ പോകും കാരണം നോക്കുമ്പോ അതിനാണ് കൂടുതലാഭം ഇന്ന് നടക്കുന്ന അതല്ല ഇന്നതാണ് നടക്കുന്നത് ശൂദ്രന്മാരുടെ പൂജ നടത്താൻ പോകും അതാരാ ചെയ്യേണ്ടത് ഗുരാമണെന്നാണ് എന്തുകൊണ്ട് സൂദ്രൻ പൂജ നടത്താൻ പോകും എനിക്കും കിട്ടണം പണം ദക്ഷിണം അതിനുവേണ്ടി ഇതാണ് കാമ പ്രാവണിന്റെയും വിശദം ല്ല ദിവ പറയാനുള്ള ഇതൊക്കെ അസംബന്ധം എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ പറയുന്ന എന്തുകൊണ്ടവരിങ്ങനൊക്കെ വ്യതിചലിക്കുന്നു ആശ്രമ വ്യവസ്ഥയിൽ നിന്ന് വ്യതി വ്യതിചരിക്കുന്നു കാമ പ്രാമിസാഹ് കാമത്തിനോടുള്ള പ്രവണത മാനസികമായ പ്രവണത അതുകൊണ്ട് അതിന് അധീനന്മാരായി അനുപാതയേഷുപാതയെ ഭ്രാന്തിക്ക എന്താണോ സ്വീകരിക്കാൻ പാടില്ലാത്തത് അതൊക്കെ സ്വീകരിക്കണമെന്നുള്ള ഭ്രമം കൊണ്ട് ശൂദ്ര വിചാരിക്കേണ്ടിയും പൂജയിൽ നിന്നാണ് നല്ലത് പൈസയിലോ അതിന്റെ അവന്റെ പണിയിൽ കൃഷി ചെയ്യാനും സേവയ്ക്കാളില്ലാതെ അതാണ് അനുപാതയെ ശുപാധയും പ്രാന്തി പ്രഭിഷ്ട ഇത്തരം തൊഴിലുകളിൽ പ്രവേശിച്ചിട്ട് പ്രനഷ്ട പറയും പൂർണ്ണമായും ഈ ഉമ്മരെല്ലാം നശിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ആരാ കുറിച്ചായി നശിക്കുമെന്ന് പറയുന്നത് ഈ പറയുന്ന രജസ് കൂടുതലായിട്ടുള്ളവരും തമസ് കൂടുതലായിട്ടുള്ള ഇവിടെ സാത്വന്മാരുടെ കാര്യം പറയുന്നില്ല അർജുനന്റെ കാര്യം പറയുന്നില്ല ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നു അപ്പൊ വേദം എന്തു ചെയ്തിരിക്കുന്നു ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി രജസ് ഉള്ളവൻ എന്ന കർമ്മം ചെയ്യണം തമസ്സുള്ളവൻ എന്ന കർമ്മം ചെയ്യണം എന്ന് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ തമസ്സുള്ളവനാണ് ശൂദ്രൻ അവൻ എന്റെ കർമ്മമാണ് ചെയ്യേണ്ടത് രജസ്സുള്ള ക്ഷത്രിയൻ രജസ്സുള്ള വയസ്സനവൻ എൻ്റെ കർമ്മമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വിവേചിച്ചു കൊടുത്തിട്ടുണ്ട് സത്വം കൂടുതലായിട്ടുള്ളവൻ ആരായാലും ശരി അവൻ മോക്ഷത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അവന്റെ കർമ്മങ്ങൾ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നു അങ്ങനെ വിവേച്ചു കൊടുത്തിട്ടുണ്ട് അവന്റെ ഫലം എൻ്റെ മോക്ഷം അതവന് മാറ്റും പക്ഷെ അവന്റെ കർമ്മത്തിൽ നിന്നവന് മാറാൻ പറ്റില്ല ഒരിക്കൽ ഈ നാല് ജാതികളും അവരുടെ കർമ്മങ്ങളിൽ നിന്നവർക്ക് മാറാൻ പറ്റില്ല അവരുടെ ടാർഗറ്റ് മാറ്റും അത് മാറ്റും എന്തുകൊണ്ട് ശ്രേയൻ സ്വധർമ്മവും പലധർമ്മസ്വനിഷ്ഠികൾ ശൂദരന് നല്ലവണ്ണം പൂജ ചെയ്യാൻ കഴിഞ്ഞാലും അവൻ പോയി ബ്രാഹ്മണന്റെ ജോലി പൂജ ചെയ്യലും യജ്ഞാദികൾ ചെയ്യരുത് എന്തുകൊണ്ട് നീ ചെയ്യുന്ന സേവ ശൂദ്രന്റെ സേവയിൽ കുറച്ച് പോരായ്മകളൊക്കെ വന്നാൽ നീ അത് ചെയ്യണം അതാണ് ശ്രേയാൾ സ്വധർമ്മോ വിഗുണ സ്വധർമ്മം തീരുമാനിച്ചിരിക്കുന്നതാണ് ഭഗവാൻ തീരുമാനിച്ചു ശൂദ്രന്റെ ധർമ്മം അതിൽ വിഗുണം ഗുണങ്ങളിൽ ദോഷമുണ്ടായാലും അത് തന്നെ ചെയ്യണം പരധർമാസ്വനിഷ്ഠിത പരധർമ്മം ബ്രാഹ്മണന്റെ ധർമ്മമാണ് പൂജ അത് നല്ലവണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും അത് ചെയ്യരുത് അതുകൊണ്ട് അർജുനോട് പറയും ഈ സത്വഗുണമുള്ളവരാണ് സംശയമുള്ളത് പക്ഷേ ക്ഷത്രീയനായി ജനിച്ചുകൊണ്ട് എന്ത് ചെയ്യണം സന്യസിക്കല്ല വേണ്ട ഇതെന്ത് ചെയ്യണം സ്വധർമ്മേ നിതനം നീ പണിയിൽ ചേർത്തുപോയാലും അത് നിനക്ക് ശ്രേയസ് പല ധർമ്മവും നീ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതായത് സന്യസിച്ചു കഴിഞ്ഞാൽ ഭയത്തെ ഉണ്ടാകും പല ദോഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഗീതിയുടെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം നീ പറയുന്ന അവസ്ഥ അതുകൊണ്ട് എന്താ പറയുന്നത് അതഹ ത്രൈപുണ്യ വിഷയ വേദ അതുകൊണ്ട് ത്രൈപുണ്യ വിഷയവേദ എന്ന് പറഞ്ഞാൽ വേദം ഈ മൂന്ന് തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് സത്വം കൂടുതലുള്ളവർ ത്രേയസ് കൂടുതലുള്ളവർ തമ്മസ് കൂടുതൽ അവരെ കുറിച്ചാണ് പറയുന്നത് അർജുനൻ എന്ത് ചെയ്യണം ത്വന്തോ നിസ്ത്രൈപുണ്യോ ഭവ നിസ്ത്രൈപുണ്യനായിട്ടുള്ള നിസ്ത്രൈ ഗുണി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യക്കാണെങ്കിൽ എന്താണ് നിഷ്കാമനായി തീരുക നിഷ്കാമനായി തീരുക നിസ്ത്രൈ ഗുണി എന്ന് പറഞ്ഞാൽ നിഷ്കാമം എന്നുള്ള അർത്ഥം എങ്ങനെ എവിടെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ ഒരർത്ഥം പറയുന്നത് ശരിയാണ് പക്ഷെ രാമാനുചാര്യ എന്ന് പറയുന്ന അതല്ല നിസ്ത്രൈ ഗുണി എന്ന് പറഞ്ഞാൽ എന്താണ് സത്വഗുണം അതിന് മുന്നോട്ടു പോവുക എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ കൊണ്ട് സത്വുണം ആ സത്വഗുണത്തിൽ നീ എന്ത് മുന്നോട്ട് പോകുക അവിടെയെങ്കിലും നമ്മുടെ സംശയം വരെ എന്താണ് ഈ അർജുനൻ ക്ഷത്രിയനുണ്ട് ഉള്ളവനെ നമ്മൾ ക്ഷത്രിയ എന്ന് വിളിക്കുന്നു അങ്ങനെയല്ല നീ എന്തുകൊണ്ട് ക്ഷത്രിയനായി നീ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചത് എന്റെ കുലം അതാണ് ആ കുലത്തിനകത്ത് മറ്റാരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് വന്ന് കയറിയെന്നുണ്ടെങ്കിൽ എന്നാലും നീ കുലം അനുസരിച്ചൊരാൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഏ എന്താണ് എന്തു അങ്ങനെ അർജുനന്റെ തന്ത ദേവനാണ് ഇന്ദ്രനാണ് അപ്പൊ ഈ ക്ഷത്രിയ കുലത്തിലേക്ക് വേറെ ചിലരൊക്കെ കടന്നു പോന്നു എന്നാലും തന്നെ ക്ഷത്രിയൻ ഇതാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റായി ചോദിക്കുന്നു എന്ന് വിചാരിച്ച അർജുനന്റെ ജാതി മാറത്തില്ല ക്ഷത്രിയം തന്നെയാണ് ദേവന്റെ മോനൊക്കെ തന്നെയാണ് എന്നാലും മറ്റ് ഗുണങ്ങൾ കടന്നു വരുന്നത് ഈ ഗുണം എന്നുള്ള നമ്മൾ എന്താണ് നേരത്തെ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നോടൊരാള് ഞാന് പഴയകാലത്ത് രീതി വ്യാഖ്യാനിക്കും എന്നോട് ഒരാള് പറഞ്ഞു സ്വാമിയുടെ രീതിയുടെ വ്യാഖ്യാനം ഒന്ന് കേൾക്കണം ആ ആളിപ്പോ ക്ലാസ്സിൽ ഇരിക്കില്ല കേട്ടോ ആളിനെ ഞാൻ മറന്നിട്ടില്ല ചിലപ്പോ ചോദിച്ചയാൾ മറന്നുപോയി അവിടുത്തെ ആൾക്കാരൊക്കെ പൊതുവെ അങ്ങനെയാണ് മൂട് മാർഗം കൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വ്യാഖ്യാനമല്ല ഗീതയുടെ വ്യാഖ്യാനം ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടെ വ്യാഖ്യാനിക്കാം അത് പറഞ്ഞു ഗീത യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത് ഞാൻ വ്യാഖ്യാനിക്കാം അല്ലാതെ എന്റെ വ്യാഖ്യാനവും എനിക്ക് സ്വന്തമായി വ്യാഖ്യാനിക്കാനോ ഇവിടെ ശേഷിയൊന്നും എനിക്കില്ല ഗീതയ്ക്ക് ഭക്ഷിച്ച് രചിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല പിന്നെ എന്താണ് ഗീതയുടെ ശരിയായ വ്യാഖ്യാനം എന്താണ് ഇവരൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ് അത് മനസ്സിലാക്കി പറയാനുള്ള ഒരു സാമാന്യ ബുദ്ധി കോമൺ സെൻസ് എനിക്കുണ്ട് അത് വെച്ച് ഞാൻ വേഗാനിക്കണമെന്നൊന്ന് പറഞ്ഞു ചോദിച്ചയാളൊക്കെ മറന്നുപോയി ഞാൻ മറന്നിട്ടില്ല അതാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് കുലമാണ് പ്രാധാന്യം ഏത് കുലത്തിൽ പിറന്നുകൊണ്ടാണ് അർജുനും പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ക്ഷത്രി കുലത്തിലാണ് അതുകൊണ്ട് അർജുനൻ ക്ഷത്രിയൻ ബ്രാഹ്മണ കുലത്തിൽ പറന്നാൽ അവൻ ബ്രാഹ്മണൻ തന്നെയാണ് ഒരു സംശയവും വേണ്ട ശൂദ്രകുലത്തിൽ പിറന്നാൽ അവൻ ശൂദ്രൻ തന്നെയാണ് അവൻ മറ്റൊന്നും ആകത്തില്ല ഇതാണ് ഈ സാധാരണ വ്യവസ്ഥ എന്നത് അതാണ് ഇവിടെയും പറയുന്നത് അല്ലെങ്കിൽ അർജുനൻ ഒരിക്കലും സത്വ ഗുണമുള്ളവനാണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല മനസ്സിലാക്കാനും പറ്റത്തില്ല ഇത്രയും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടപ്പായിരിക്കും